തപസികൾ ബഹുജന്മാർ പണ്ഡിതന്മാരും യാജവന്മാരിൽ പുരോഹിതന്മാരും നിർദ്ദേശ രാജാക്കന്മാരിൽ ബലവത് ഗടവാന്മാർ ഗുണാഠ ഗുണസമ്പന്നന്മാരിൽ ശമമാരേക്കമം ഉള്ളവരാണ് ഏറ്റവും ശോഭിക്കുന്നത് അവന് മാത്രമേ സന്തോഷവും സമാധാനവും ബാക്കി എന്തെല്ലാം ഉണ്ടെങ്കിൽ സമസംസാരൃദ്ധി ചിത്സോജിഷ മഹദുസമനസി നിവൃദ്ധി ഉദ്ദേ ശിതോജിഷ ജ്യോത്സന ഇവ ശമസംസക്ത മനസ്സ ഗുണചാരിനം സമസംസക്ത മനസ്സുളളവരായ ശമസംസക്ത മനസ്സമിയ മനസ്സുള്ളവരായ മഹതാ മാതൃകൾക്ക് ചിത്ത അവരുടെ ചിത്തത്തിൽ നിന്നും നിർവൃത്തി ഒതേ ആനന്ദം ഉദ്ഭവിക്കുന്നു ഉദെ ഇതുപോലെ സിതരോജിഷ ജോസ്നായി സിതരോജ് ചന്ദ്രനിൽ നിന്ന് സിതോമുജ പഴുപ്പ് എന്നർത്ഥ രോജഷ് പ്രകാശ് ചന്ദ്രനിൽ നിന്നും ജോസ്സിനായി ചന്ദ്രിക എന്നതുപോലെ സിംഹാന്തം ഉണക്കുകയാണ് പൗരുഷീകാന്തഭൂഷണം യസ്ഥീമാൻ വിജകൗ സീമാന്ത പൗരുഷേദാതം സങ്കടേശു ഭയസ്ഥ്രീമാൻ വിരാജത്തെ ഗുണഭോകാനാം സീമാന്താണ് ഗുണപൂക്കം എന്ന് വെച്ച സമൂഹം ഗുണസമൂഹങ്ങളുടെ സീമാന്തം അവസാനം സീമയുടെ അന്തം അങ്ങേയറ്റത്തെ അതിര് സീമാന്താ ഗുണസമൂഹങ്ങളുടെ അവസാനവും പൗരുഷ ഏകാന്ത പോരുഷവും പുരുഷന്മാരുടെ ഏകാന്ത ഭൂഷണം മുഖ്യ അലങ്കാരമായിരിക്കുന്നതും ഇവിടെ സങ്കടേഷു പ്രയാസങ്ങളിൽ ഭയസ്ഥാനി സമശ്രീമാൻ രാജ്യത്തെ സമയത്ത് പ്രയാസങ്ങൾ ഭയസ്ഥാനം ഭയം പ്രാപ്തമാകുന്നു സമശ്രീമാൻ സ്ഥാനം ചാപ്തി ഭയം പ്രാപ്തമാകുന്നു സമമാണ് സമം എന്ന് പറയുമ്പോൾ ശ്രീമാൻ ഐശ്വര്യയുക്തമായി ആ ഗുണം വിരാജനെ ശോഭിക്കുന്നു പുരുഷന്മാർക്ക് അലങ്കാരമായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും ഭയത്തിനും എല്ലാം സമമാകുന്ന ഐശ്വര്യുക്തമായ ആ ഗുണം ശോഭിക്കും സമം അമന്ത സമം അമൃതമാണോ നാശമില്ലാത്തതാണോ അഹാര്യം ആരോ അപഹരിക്കുന്നതല്ല ആര്യഗുപ്തം ആര്യഹി ഗുരുക്കന്മാരാ ഗുപ്തം സംരക്ഷിക്കപ്പെടുന്നത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള പരം പരവുമായി നിന്ന് ആശ്രമത്തെ അവലംബ്യ ആശ്രയിച്ചിട്ട് പരം പദം പ്രയാതാ മഹാനുഭാവാ യഥ എപ്രകാരമാണോ മഹാനുഭാവാഹ മഹാനുഭാവന്മാർ മഹാത്മാക്കൾ പരോപഥത്തെ പ്രാപിച്ചത് തഥുദന സിദ്ധിക്ക് വേണ്ടി തമേവ ക്രമം അനുപാലയ അതേ ക്രമത്തെ തന്നെ ആ പിന്തുടർച്ചയെ തന്നെ നീ സ്വീകരിക്കൂ പരിപാലിക്കൂ നിശ്ചയമത്തെ സ്വീകരിക്കൂ പൂർവ ഗുരുക്കന്മാരെങ്ങനെയാണോ സമത്തൂടെ പരമവർദ്ധ പ്രാപിച്ച് അതുപോലെ തന്നെ സമത്ത് സ്വീകരിച്ച് പരമവർഗം പ്രാപിക്കുക എന്ന് സമപ്രകരണത്തിൽ ശാന്തിയെക്കുറിച്ച് ഇത്രയും വിശദീകരിച്ചു ചതുർദ്ദശ സർഗ ഇവിടെ ശ്രീ വശിഷ്ഠവാചാൻ അവബോധിയ കർത്തവ്യ കാരണജ്ഞാർ മനസ്സുമായി ശാസ്ത്രത്തിന്റെ അവബോധവും സമയത്തായിട്ടുള്ള ജ്ഞാനം കൊണ്ട് അമലയാധിയ പരമഭൂതയ അമലയാധിയ പരമപവിത്രമായ മാലിന്യരഹിതമായ ബുദ്ധിയുണ്ട് കാരണേന കാരണത്തെ അറിയുന്നവനായ ഒരുവൻ അനുശം നിരന്തരൻ ആത്മനഹ ആത്മാവിനെ സംബന്ധിച്ചുള്ള വിചാരവർത്തകൾ ആത്മവിചാരം ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ തുറന്ന ആത്മവിചാരത്തെ സംബന്ധിച്ചാണ് അതാണ് ഇതിലെ മുഖ്യമായ വിഷയം മറ്റു വിചാരങ്ങൾ വരുമെങ്കിൽ കാരണത്തെ അറിയുന്നു കാരണം എന്ന് വെച്ചാൽ ബ്രഹ്മം ആത്മാവ് സൃഷ്ടിക്ക് മുക്തിക്ക് എല്ലാം കാരണമായി അതുകൊണ്ട് ആത്മവിചാരത്തെക്കുറിച്ച് പറയുകയുള്ളൂ അപ്പൊ കാരണമായിട്ട് സ്വാഭാവികമായിട്ടും ആത്മാവിനെ തന്നെ ആത്മവിചാരം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല നിരന്തരം ചർച്ച ചെയ്യുന്ന കാര്യമില്ല അത് ശാസ്ത്രത്തിലൂടെ ഉള്ള ബോധം കൊണ്ട് വിശുദ്ധമായ ബുദ്ധി കൊണ്ട് അതിനെ അറിഞ്ഞു ആത്മാവിനെ അറിഞ്ഞിൻ ആത്മവിചാരം ചെയ്യേണ്ടതാണ് നിരന്തരം മനുഷ്യ വിചാരതിഷ്ണതാമേഹി പശ്ചിതം വെറുതെ സംസാര രോഗ വിചാരമൂടി ആഘോഷം ഇത് പലപ്പോഴും ആവർത്തിക്കുന്നു വിഷ്ണതാമി വിചാരം കൊണ്ട് തീഷ്ണമായ നിശ്ചിതമായ ബുദ്ധി പരംപദം പശ്യതി പരവുമായ പദം മോക്ഷപഥം ബ്രഹ്മം അതിനെ കാണുന്നു അതുകൊണ്ട് ദീർഘ സംസാര ഈ സംസാരത്തിൽ നിന്ന് സംസാരം തന്നെ രോഗം സംസാര സംസാരമായിരിക്കുന്ന ഈ ലോകത്തിന് വിചാരോഗ്യമഹൌഷധം വിചാരമാണ് ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ ഔഷധം ഈ സംസാരത്തിൽ നിന്ന് മോചിക്കണമെങ്കിൽ വിചാരമാകുന്ന ഔഷധത്തെ സേവിക്കണം എന്നാണ് ആപദ്വനം അനന്തേഹാപരിപല്ലാകൃതി വിചാര ക്രകറ്റ ചിഹ്നം നൈവൂയപ്രരോഹതി അത് സാഹിത്യഭാഷയിൽ പറയുകയാണ് ആപദ്വനം ആപത്താകുന്ന വനം അതാണ് സംസാരിച്ചത് അനന്ത ഈഹ പരിപല്വവിത ആകൃതി അനന്തമായെന്നുവെച്ച അവസാനിക്കാത്തതായ ഈഹാനുവച്ച കർമ്മങ്ങൾ ഇഹചേഷ്ടായ അവസാനിക്കാത്തതായ കർമ്മങ്ങൾ അതുകൊണ്ട് പരിപല്ലവിത ആകൃതി ആകൃതി എന്ന് വെച്ചാലും പരിപല്ലവിത എന്ന് പറഞ്ഞാൽ തണി തളിരിലകളുള്ള ശാഖകളോടുകൂടിയാണ് എന്തും പൊതുമായുള്ളതാണ് എന്ത് സംസാരമാണ് പല്ലവിധം തളിരുകൾ ഉണ്ടായതിനാണ് പല്ലവിധം ഉണ്ടായിരുന്നു തദസ് സഞ്ചാതം താരവാദിഭീത പഠിച്ചിട്ടുണ്ട് അപ്പോ എന്നും പൊതുമയുള്ളതായ ഈ സംസാരം എന്നും പൊതുമേ ഉള്ളതെന്ന് പറയുമ്പോൾ മനുഷ്യരെന്തൊരന്തരകർഷിച്ചു കൊണ്ടിരിക്കുന്നു ഈ സംസാരം ഇതൊരാപത്ത് വനമാണ് ഇതൊരു കൊടും വനമാണ് അതിൽ പെട്ടുപോയാൽ അതിനെ അതാണ് ഇതിന്റെ സ്വരൂപം ആഗ്രഹിച്ച ചിഹ്നം വിചാര കൃകചേന ചിഹ്നം അത് വിചാരമാകുന്ന കറക്കച്ചം കിറക്കച്ചർച്ചവാൾ തടിമുറിക്കുന്ന വാള് അതുകൊണ്ട് ഛേദിച്ചു കഴിഞ്ഞാൽ നൈവഭൂയപ്രരോഹതി വീണ്ടും അത് പുലർത്തു വരത്തില്ല അപ്പൊ വിചാരമാകുന്ന വാളുകൊണ്ട് ഈ മഹാ വനത്തെ പ്പത്തായിരിക്കുന്ന ഈ വനത്തെ തളിർത്ത് ഉലഞ്ഞു നിൽക്കുന്ന ഈ വനത്തെ മുറിച്ചു മാറ്റി കഴിഞ്ഞു വിചാരങ്ങളുണ്ട് വിചാരമാണല്ലോ അടുത്ത വിഷയം ഇനി അത് പിളർത്ത് വരത്തില്ല വിചാരമാണ് മുക്തിക്കുള്ള ഉപായം എന്ന ആത്മവിചാരം എന്നാദ്യമേ പറയുന്നു ആത്മനാ വിചാരം മോഹേന ബന്ധുനാശേഷു സങ്കടേഷു സമേഷു ച സർവം വ്യക്തം മഹാപ്രാജ്ഞ വിചാരോഹി സദാംഗലി ബന്ധുനാശേഷു സങ്കടേഷു ഇവിടെ സമേഷു എന്നുള്ളത് ഭ്രമേഷു പാഠം അതാണ് യോജിത ഭ്രമേഷു ച മോഹേന സർവം വ്യാപ്തം മഹാപ്രാജ്ഞ തിചാരോഹി സതഗതി ബന്ധുനാശേഷോ എന്നുവെച്ചാൽ മരണത്തിൽ സങ്കടേഷോ മറ്റ് ദുഃഖങ്ങളിൽ ഭ്രമേഷോ മറ്റ് കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഭ്രമം ഉണ്ടാകുമ്പോൾ എല്ലായിടത്തും മോഹേന സർവം വ്യാപ്തം മോഹത്താൽ ഇതെല്ലാം വ്യാപിച്ചിരിക്കുകയാണ് എല്ലാം അടിസ്ഥാനമായിരിക്കും മോഹം അവിവേകമാണ് അവിവേകം കൊണ്ട് ഈ രംഗങ്ങളിലെല്ലാം മരണത്തിലും മറ്റു പ്രയാസങ്ങളിലുമെല്ലാം മനുഷ്യൻ വിവേകത്താൽ വ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നല്ലയോ മഹാപ്രാജ്ഞ വിചാരഹി സദാം ഗതിഹി വിചാര സത്ക്കളുടെ ആശ്രയം എന്ന് പറയുന്ന വിചാരമാണ് അപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചിക്കുന്നതിന് വേണ്ടി സത്തുക്കൾ ആശ്രയിക്കുന്ന വിചാരത്തിനാണ് സമൂഹം എന്ന് പറഞ്ഞാൽ അത്ര യോജിക്കത്തില്ല കാരണം സമൂഹം എന്ന് പറയുന്നത് ശാന്തിയാണ് എടുത്താൽ ശരിയാവും ആ പാഠം എടുക്കാൻ ശരിയാവും കാരണം സമൂഹം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുവരെ ശ്രമത്തെക്കുറിച്ച് എന്താ പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ ആനന്ദമായി അതെല്ലാം നിർവൃത്തി എന്നാ പറയുന്നത് പിന്നിവിടെ വന്നിട്ട് ശ്രമം അത് പെൻഡിങ് മിസ്റ്റേക്കാണ് പാഠഭേദമല്ല പഴയകാലത്ത് എഴുതിയിൽ വന്ന മിസ്റ്റേക്കാണ് അതനുസരിച്ച് അർത്ഥം പറയുന്നത് അതൊക്കെ അതിരുകടന്ന അർത്ഥം കുറച്ചിലായിക്കോ അങ്ങനെ എന്താണോ ഒരു തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല അത് അബദ്ധം തന്നെയാണ് കൂടുവലിക്കലും നമുക്ക് പലതരത്തിലും പറയാം വിചാരം കൊണ്ട് പലതരത്തിലുള്ള വിചാരങ്ങളുണ്ട് അതിലൊന്ന് പലതരത്തിലുള്ള വിവേകവും ഉണ്ടാവും വിചാരവും വിവാഹവും ഒന്നും നടക്കരുത് നിങ്ങൾ ഞാൻ അല്പം കൂടെ രണ്ടുമൂന്നുകൂടെ കഴിഞ്ഞിട്ടാണ് വിശ്രീകരിക്കുന്നത് അല്ലാണ്ട് സന്ദർഭം വരുമ്പോൾ എന്താണ് അതിന്റെ വ്യത്യാസം ഇവിടെ ഇപ്പൊ തുടക്കത്തിൽ പറയുന്നത് ആത്മവിചാരത്തെ കുറിച്ചാണ് എല്ലാ പ്രശ്നങ്ങളിലും വിചാരവും എവിടെയും ഒന്നാണെന്ന് വിചാരിച്ച വ്യത്യാസമാണ് ഞാൻ വിശദീകരിക്കും കുറച്ചുകൂടെ മോട്ടോട്ടു ഇന്ന വിചാരം വിനാകശ് ഉപായുസ്തി അശുഭം തെക്ക് ശുഭമായ അതാണ് ഇവിടെ തന്നെ ഇപ്പൊ പറയുന്നത് ആ ചോദ്യത്തിൽ ഉത്തരം തന്നെയാണ് പറയുന്നത് ഇന്ന വിചാരം വിനാകശ് ഉപായുഗസ്തി ഒരു വി ചിന്തിക്കുന്നവരോട് സംബന്ധിച്ചിടത്തോളം വിചാരം കൂടാതെ ഒരു ഉപായമില്ല എന്നുവെച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആത്മവിചാരം മാത്രമല്ലെന്ന് അടുത്ത് പറയും എല്ലാ പ്രശ്നങ്ങൾക്കും വിചാരം കൂടിയിരിക്കും ആ വിചാരത്തിൽ നിന്നുണ്ടാകുന്ന വിവേകവും വ്യത്യസ്തമായിരുന്നു കസ്റ്റിത്തുവായും ഒരു വായു അത് മാത്രമല്ല വിചാര അശുഭം തത്വ വിചാരം കൊണ്ട് അശുഭം അനിഷ്ടം പ്രതികൂലത ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ശുഭമായ വിധീസത ബുദ്ധി എപ്പോഴും സത്വക്കളുടെ വിചാരശീലന്മാരാണ് സത്വക്കൾ അവരെപ്പോഴും എന്ത് ചെയ്യുന്നു അതിനെയൊക്കെ ഒഴിവാക്കി വിചാരം കൊണ്ട് അനിഷ്ടങ്ങള് അശുഭങ്ങള് പ്രതികൂലതകള് എല്ലാം പരിഹരിച്ചിട്ട് വിവേകശാലികൾ സത്വം എന്ന് പറഞ്ഞാൽ വിവേകശാലിയാണ് അപ്പൊ വിചാരം കൊണ്ട് മനുഷ്യന് ഉണ്ടാകുന്ന ഒരു ഗുണമാണ് വിവേകം അത് കേവലം ആത്മവിചാരം മാത്രമല്ല ആത്മവിചാരം ഇവിടെ മുഖ്യമാണ് പക്ഷെ എല്ലാത്തിനും ഇവിടെ പശ്ചിത ഉപായവും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഉപായ ആവശ്യമാണ് വിചാരമെന്ന് പറയുന്ന ഒരു ഉപായ ആവശ്യമാണ് അതടുത്ത് പറയുന്നു വ്യക്തമായിട്ട് ബലം ബുദ്ധിശ്ച തേജസ്ത പ്രതിപത്തി ക്രിയാഫലം ഫലം ഏതാനിസമാണ് വിചാരവ ധീമു ധീമതാം ബുദ്ധിയുള്ളവർക്ക് മോക്ഷം മാത്രമാണ് ബലം ജീവിതത്തില് എല്ലാ കാര്യങ്ങളും എല്ലാ സന്ദർഭങ്ങളിലും ബലം കൊടുക്കുന്ന എന്താണ് വിചാരമാണ് ബുദ്ധി പറയുന്നത് ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നു പ്രായോഗികമായി വരുന്ന ബുദ്ധി ഓരോ വിഷയങ്ങളിലും പ്രവർത്തിക്കുന്നതിനുള്ള നമ്മുടെ ബുദ്ധി അത് വ്യത്യസ്തമാണല്ലോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാത്ര മനുഷ്യൻ പ്രവർത്തിക്കുന്ന സമസ്ത മേഖലകളിൽ അവന്റെ ബുദ്ധി എന്ന് പറയുന്ന വിചാരത്തെ ആശ്രയിച്ചിട്ടാണ് അതാണ് ബുദ്ധി എന്ന് പറയുന്നത് തേജസ് പ്രാഗൽഭ്യം നമ്മുടെ കഴിവുകൾ ഓരോ രംഗത്ത് ഓരോ മനുഷ്യർ ഓരോ രംഗത്തും ഓരോ പ്രകടിപ്പിക്കുന്ന കഴിവുകൾ അത് വിചാരങ്ങൾ പ്രതിപത്തി പ്രാപ്തി മനുഷ്യന്റെ നേട്ടം മനുഷ്യൻ ഇത്രയും കാലം കൊണ്ട് ഇവിടെ എന്തെല്ലാം നേടി മനുഷ്യൻ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അത് ഗുണപരമാണോ നേട്ടമെങ്കിൽ അത് നല്ല വിചാരമാണ് നല്ല ോഷപരമായിട്ടുള്ള നേട്ടങ്ങളാണ് എന്ന് മോശം വിചാരം ഇവിടെ പറയുന്നത് ഗുണപരമായ നേട്ടങ്ങളെ കുറിച്ചാണ് അതാണ് പ്രതിഫലപ്രാപ്തി ക്രിയാഫലം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം ഉണ്ടാവണം അനുകൂലമായ ഫലം ഉണ്ടാവുമെന്ന് വിചാരം വിചാരം കൂടാതെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ചിലപ്പോ ഭാഗ്യം കൊണ്ട് ചിലപ്പം ഫലം അനുകൂലമാകാം ആയിക്കൂടാന്നില്ല പക്ഷെ കൂടുതലും ഫലം പ്രതികൂലമായി അപ്പൊ ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്തു ഏതാനും ഫലം ഇതെല്ലാം ഫലവത്താകുന്നത് സർവീ വിചാരണവ് വിചാരം കൊണ്ട് മാത്രമാണ് വിവേകികൾക്ക് ബുദ്ധിയുള്ളവർക്ക് അപ്പോ നമ്മുടെ വിചാരവും എന്താണ് നമ്മുടെ വിവേകവും അറിവ് അത് എനിക്ക് ഇപ്പം ചോദിച്ചതുകൊണ്ടും എനിക്ക് രാവിലെ ഉണ്ടായൊരു അനുഭവമാണ് അപ്രതീക്ഷിതമാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഡിസിഷൻ മേക്കിങ്ങോടെ തീരുമാനങ്ങൾ എടുക്കുക അപ്പൊ അത് ശരിയായ വിചാരം വേണ്ട സമയത്ത് വേണ്ടത്ര വേഗതയിൽ കഴിയുന്നവന് മാത്രമേ ശരിയായ തീരുമാനം എടുക്കാനും മുന്നോട്ട് പോകാനും വിജയത്തിലെത്താനും കഴിയത്തു അതിൽ ന്യൂനത വന്നു കഴിഞ്ഞാൽ അതിൽ ന്യൂനത വരുന്നവർ പ്രധാനം നമ്മുടെ ബ്രെയിനാണ് എല്ലാം അടിസ്ഥാനം നമ്മുടെ ബ്രെയിനിൽ തന്നെയാണ് ഒന്നും പ്രധാനമായിട്ട് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ പ്രായം അതല്ല അതിന് സ്വാധീനം അപ്പോ എന്താണ് തീരുമാനങ്ങളെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിചാരം ശരിയായ എടുക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അനുകൂലമായ ഫലമുണ്ടാകും അപ്പോൾ തീരുമാനങ്ങളെടുക്കുക എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ടാവും പല ചോയ്സുകളും അതിന് ശരിയായ വന്നിട്ട് തിരഞ്ഞെടുക്കണം ഇത് ചിലപ്പോ നോക്കി പെട്ടത് ഡിസിഷൻ മേഖല ഇപ്പൊ എന്താണ് ശരിയായ തീരുമാനമെടുക്കണം പെട്ടു ഒരുപാട് നീണ്ടുപോകാൻ പാടില്ല കൃത്യമായ ഒരു സമയപരിധിക്കുള്ളിൽ എടുക്കണം നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്താൽ അതുകൊണ്ട് വരുന്ന നഷ്ടം നമ്മൾ സഹിച്ചാൽ പക്ഷേ രാഷ്ട്രീയ നേതൃത്വം ഭരണ നേതൃത്വം അവർക്കൊക്കെ വേണമെങ്കിലോ അവർക്കൊക്കെ വലിയ തീരുമാനങ്ങൾ എടുക്കണം തീവ്രവാദികൾ ഇന്ത്യ ആക്രമിച്ച് തിരിച്ച് പാകിസ്ഥാനെ ആക്രമിക്കണം ആക്രമിച്ചാൽ രാഷ്ട്രീയ പ്രത്യാഘാതം സാമ്പത്തിക പ്രത്യാഘാതം പല വിഷയങ്ങളും ഇതിനെക്കുറിച്ച് ആലോചിച്ച് പെട്ടെന്നൊരു തീരുമാനമെടുക്കുക അതും സമയപരിധിച്ചു കൊണ്ടു നിന്നു കൂട്ടായ ആലോചന വേണം ഒരാൾക്ക് മാത്രം തീരുമാനിക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ വിചാരത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് ആ വിചാരം പാടിയാൽ പ്രവൃത്തിയും പാളിപ്പവും പ്രതികൂലമായി വരും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഉയർന്നുയർന്നു പോകും തോറും അത് വളരെ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് രാവിലെ ഇന്ന് കുളിക്കണോ കുളിക്കണ്ടേ ഇത് നമ്മളെ സംബന്ധിച്ച വലിയൊരു പ്രശ്നമാണ് ഈ ഡിസിഷൻ തന്നെ പലർക്കും എടുക്കാൻ പറ്റുന്നില്ല മകം മുറിക്കണോ മുറിക്കണ്ടേ തന്മുടി വെറ്റണോ പറ്റണ്ട് ഈ ആശ്രമത്തിലെ കൂടി ഇരിക്കുന്ന മിക്കവാറും ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള കൂടുതലും അങ്ങനെ അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ആശ്രമങ്ങളുടെ ഡിസിപ്ലിന് അത് മനസ്സിലായിട്ടുള്ള ഞാനത് വടക്കേഞ്ചി താമസിച്ചപ്പോഴാണ് ഞാനവിടെ ആശ്രമങ്ങളിൽ കൂട്ടത്തിലും താമസിച്ചു ഒറ്റയ്ക്കും പോയി താമസിച്ചു ഉത്തരകാശ പോയി ഒറ്റയ്ക്ക് താമസിച്ചു കൃഷി വിശത്ത് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ആശ്രമത്തിൽ ഒപ്പം അവിടെ താമസിച്ചു അവിടെ ഒരുമിച്ച് താമസിക്കുന്നിടത്ത് നിയമമാണ് രാവിലെ ഒരു ടൈമുണ്ട് ആ സമയത്തെല്ലാരും എണീക്കണം പരിശോധിക്കാവുന്ന എണീറ്റേ പറ്റും അല്ലെങ്കിൽ പ്രശ്നമാണ് അടിക്കത്തൊന്നുമില്ല അതിനും വലിയ പ്രശ്നമാണ് എണീറ്റ് കഴിഞ്ഞാൽ കുളിക്കണം നിർബന്ധമാണ് അപ്പോ ഡിസിപ്ലിൻ ഉണ്ട് ഡിസിപ്ലിൻ്റെ ചെയ്തു നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന്റെ ആവശ്യമില്ല രാവിലെ നാലുമണിക്ക് എണീക്കണോ അഞ്ചു മണിക്ക് എണീക്കണോ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല സ്പ്രിംഗ് പൊങ്ങുന്ന പോലെ നമ്മൾ പൊങ്ങിപ്പോകും നാലുമണിക്ക് കാരണം ഡിസിപ്ലിൻ ആണ് അനുസരിച്ച് അത് കഴിഞ്ഞ് അടുത്ത ഒരുപാട് കുളി അടുത്ത പുളിയാണ് കൃത്യം കുളിച്ചേ പറ്റൂ കാരണം കുളിച്ചിട്ട് പിന്നെ ആരതിയുണ്ട് അതിന് പോണം അപ്പോ ഒരു ഡിസിപ്ലിൻ അങ്ങനെയുള്ള ഈ ആശ്രമങ്ങളിൽ താമസിച്ചപ്പോ ഉണ്ടായി അതിന്റെ ഗുണവും എനിക്ക് മനസ്സിലായി അങ്ങനെ ഡിസിപ്ലിൻ ആവശ്യമാണോ കാരണം അപ്പോ ആ ഡിസിപ്ലിനോണ്ട് നമ്മൾ തീരുമാനം എടുക്കണ്ട ആ ഡിസിപ്ലിനനുസരിച്ച് പോകാനില്ലെങ്കിൽ അതിന് പുറത്തു പോകുക രണ്ടു വഴിയേ ഉള്ളൂ ഒന്നുകിൽ അവിടെ താമസിക്കുക ആ ഡിസിപ്ലിൻ സ്വീകരിക്കുക ഇല്ലെങ്കിൽ അതിന് പുറത്തു പോകുക അവിടെ മറ്റൊരു ഓപ്ഷൻ ഇല്ല മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്താണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചില്ല പറ്റിയില്ലെങ്കിൽ എന്നാൽ ഒരു ഓപ്ഷനോട് കള്ളം പറയുക പനിയായിരുന്നു രാത്രി രാവിലെ എണീക്കാൻ പറ്റിയില്ല അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാം അല്ല വേറെ വഴിയൊന്നുമില്ല പക്ഷെ അത് സ്ഥിരം പറ്റിയില്ലല്ലോ പലപ്പോഴും ഒക്കെ അത് നടു ഞാനെല്ലാം പരീക്ഷിച്ചിട്ടുണ്ടോ അതുകൊണ്ട് പറയുന്നു ഞാൻ ഉത്തരവാദിത്താമസിച്ചു അവിടെ രസമാണ് അവിടെനിന്ന് വീട്ട സ്വാമിമാരൊക്കെ രാവിലെ എണീ തണുപ്പാണ് കുളിക്കാൻ പറ്റത്തില്ല അപ്പൊ അവരെ എണീറ്റിട്ടില്ലെന്ന് ചിന്തിക്കുന്ന ഏകദേശം പത്തുമണിവരെ കുളിക്കണം കുളിക്കണ്ട ഭിക്ഷ വാങ്ങാൻ വേണ്ടി പുറത്തു പോകണം അത് കുളിച്ചിട്ട് പോകണോ അതോ കുളിക്കാതെ പോകുന്നു ഇതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പത്തുമണിവരെ ആകുമ്പോൾ മിക്കവാറും എല്ലാവരും തീരുമാനിക്കുന്നു ഇന്ന് എന്തായാലും കുളിക്കണ്ട നാളെ നോക്കാം കുറച്ചുകൂടെ വെയിലുണ്ടോ എന്ന് നോക്കാം എന്തുകൊണ്ട് ഡിസിപ്ലിൻ ഇല്ല സ്വതന്ത്രനാണ് ആരും ചോദിക്കാനും പറയാനും ഇല്ല അവനവനും അവനവന്റെ ഇഷ്ടത്തിൽ അവിടെ എത്ര സമയോ കളയുന്നു രാവിലെ ആറുമണി വരെ പത്ത് മണി വരെയും ഒരു കാര്യം ചിന്തിച്ചിരിക്കുകയാണ് കുളിക്കണം കുടിക്കില്ലേ ഇതിന്റെ ഇടയ്ക്ക് ജപിക്കും പ്രാർത്ഥിക്കും ഇതിനിടയ്ക്ക് ചിന്തിക്കും ഇതെല്ലാം ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് സ്വതന്ത്രരാണ് നേരിട്ട് കൊണ്ട കാര്യം ഒഴിഞ്ഞ് ചെല്ലുന്നവരാക്കും രാവിലെ എഴുതിയിട്ട് അവിടെ വലിയ തപസ്സാണ് ഇതാണ് തപസ് അടുത്ത് അകത്ത് കയറിയാലേ നോക്കാതറിയാൻ പറ്റും കഴിയുന്നില്ല ഡിസിഷനേക്ക് നിത്യജീവിതത്തിൽ എന്തുകൊണ്ടൊരു ഡിസിപ്ലിനില്ല പക്ഷെ ഒരു ഡിസിപ്ലിൻ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൃത്യമായ കാര്യങ്ങൾ ചെയ്തെന്ന് തോന്നും അപ്പൊ വിചാരം എന്ന് പറയുന്നത് എന്താണ് അപ്പൊ ഇവിടെയും പറഞ്ഞതെന്ന് നേരത്തെ ചോദിച്ചത് വിവേകം വിചാര രണ്ടുമുള്ള ബന്ധം ഡെസിഷൻ എന്ന് പറയുന്ന ഒരു വിഭേകമാണ് അതിനു വേണ്ടിട്ട് നമ്മൾ വിചാരം ചെയ്യേണ്ടി വരും ചെയ്യണം അപ്പോ അത് അവിടെ എത്തിച്ചേരണം അത് കഴിയാതെ വരും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഇതുപോലെ വരും അപ്പൊ അത് അതിനു വേണ്ടിയിട്ടുള്ള ഡെസിഷൻ മേക്കിങ്ങിന് എന്ന് പറയുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തെ കുറിച്ച് എന്താ ഇവിടെ പറയുന്നതനുസരിച്ച് ബുദ്ധി തെലി ഇതിനെ കുറിച്ചാണ് പറയുന്നത് ഈ വരുന്ന ഭാഗങ്ങളെല്ലാം പറയുന്നത് ഇത്തരത്തിലുള്ള വിചാരങ്ങളെ കുറിച്ചാണ് മറ്റൊരു വിചാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോബ്ലം സോൾവിങ് സാധാരണ ചർച്ച ഒരു നിസ്സാരമായ കാര്യം ഒരു പ്രോബ്ലം അത് സോൾവ് ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള എന്താണ് വിചാരിച്ച് വിചാരിച്ച് വിചാരിച്ചു പോകും ഒരിക്കലും പ്രോബ്ലം സോൾവാകത്തും നിസ്സാരമായ കാര്യം വരും അതിലിരിക്കുന്ന മൊബൈലൊന്ന് ഹാങ് ആയാൽ മതി ആകെ പ്രശ്നമാണ് ഇതും തിടങ്ങി പിടിച്ചോണ്ട് ഓടും ഇതെങ്ങനെയായിരുന്നു ശരിയാക്കുന്നത് സ്വയം എന്താണ് പ്രോബ്ലം സോൾവിങ്ങിനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പലപ്പോഴും നിസ്സാരം നമുക്ക് പരിഹരിക്കാന്നുള്ളത് ചിലപ്പോൾ ഒന്ന് റെജിസ്റ്റാർട്ട് ചെയ്താൽ മതിയായിരിക്കും സംഗതി തീരും പക്ഷെ വിചാരം അവിടെ ആവശ്യമാണ് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കണം ഇതൊക്കെ ബേസിക്കായിട്ടും മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി ഒന്നും അല്ല ഈ രണ്ട് കാര്യങ്ങൾ ം അതിൽ നിന്നുണ്ടാകുന്ന അറിവ് അതാണ് നമ്മുടെ ജീവിതത്തെ ഒരു ഈസിനസ് ഉണ്ടെന്ന് ജീവിതത്തെ അനായാസമാക്കും ഇനി കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് കൂടി മുമ്പോട്ട് പോയി ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യന് വേണ്ടതും ക്രിട്ടിക്കൽ ട്രിങ്കിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പേടിക്കും ചെയ്യുന്നതാണ് അതുകൊണ്ട് യാതൊരു ബന്ധം തരട്ട ആരെങ്കിലും വിമർശിക്കുന്ന ജില്ല അതൊന്നുമല്ല ക്രിട്ടിക്കൽ ടിങ്കിങ് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ആരെങ്കിലും ഒന്ന് നമ്മുടെ അടുത്തൊരു സ്ഥലത്ത് കുട്ടിച്ചാത്തന്റെ ശല്യവും കല്ലറിയൽ തീപ്പന്തം ചിലപ്പം വിസർജ്യങ്ങൾ വലിച്ചെറിയും എന്താ ഒരു പരിഹാരം വെച്ചാൽ നിങ്ങൾ പറയും എന്ത് പരിഹാരം പറയും എന്തു പറയും മരുന്നയാളിന അവിടെയുള്ള പ്രശ്നമാണ് മരുന്നയാളിന്റെ പ്രശ്ന ഇപ്പൊ നമുക്കറിയാമോ ഇപ്പൊ പൊട്ടിച്ചാർത്തന്റെ ശല്യം ഇല്ല ഈ നാട്ടിൽ നിന്ന് മിക്കവാറും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോയി കാരണം എന്തെന്ന് വെച്ചാൽ സി സി ടി വി വെക്കാൻ പറഞ്ഞു എവിടെയെങ്കിലും പൊട്ടിച്ചാർത്തന്റെ ശല്യം ഉണ്ട് ഇവിടെ തന്നെ സർവോത്ര സി സി ടി വി ആണ് അതൊന്നും കൂടെ കുട്ടിച്ചാത്തന്മാരില്ല ഇതില്ല ഇവിടെ എത്രയോ കുട്ടിച്ചാത്തന്മാരുണ്ടായിരുന്നു കാരണം അതിനുള്ള സാധ്യത കൂടെ കൂടുതലാണ് അത് പറഞ്ഞ കുറച്ചു മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി സി സി ടി വി വയ്ക്കാൻ പറഞ്ഞു അത് കേട്ടോത്തോട് കൂടി ചേട്ടാ കുട്ടിച്ചാത്ത സ്ഥലം പരിപാടി വെച്ചാൽ പഴയകാലത്ത് കുട്ടിച്ചാത്തൻ എന്താണ് കല്ലറി ഇന്ന് എവിടെയെങ്കിലും കുട്ടിച്ചാത്തൻ കല്ലെറിയുന്നു എന്ന് കേൾക്കഴിഞ്ഞാൽ ഒരു യാതൊരു സംശയവും വേണ്ട ഈ ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്ന് പറഞ്ഞൊരു പാർട്ടിക്കാരുണ്ട് അവരെ വിളിച്ചോണ്ടുവന്നാണ് എന്നിട്ട് ഈ കല്ലിൽ നിന്ന് ഫിംഗർ പ്രിന്റ് എടുത്താൽ മതി പിന്നെ കുട്ടിച്ചാത്ത എറിയത്തില്ല അവരോടുകൂടി അവസരം ആരാണ് കുട്ടിച്ചാർത്തു പിടിക്കാൻ ഇപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ് ഇതാണ് കുട്ടിച്ചാത്തനെങ്ങനെ കാര്യം നിങ്ങളാണെങ്കിൽ ഉറപ്പിച്ചും പറയും അത് ഇത്തിരി കൂടിയ കേസാണ് നിങ്ങൾ കാനാടി ചാത്തന്റെ അവിടെ പോയി ഒരു പൂജ നടത്തിയാ പിന്നെ കുട്ടിച്ചാത്തന്റെ ഒരു ശല്യം ഉണ്ടാകില്ല എന്ന് പറയും ഉറപ്പായിട്ട് എന്തുകൊണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ ഇല്ല അപ്പോ എന്താണ് അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന എവിഡൻസ് ബേസ്ഡായി ചിന്തിക്കുക തെളിവുകൾ മുൻനിർത്തി ചിന്തിക്കുക അതിനെന്താ ഉള്ള അങ്ങനെ ചിന്തിക്കുന്ന ഇത്തരമുള്ള പല അബദ്ധധാരണകളിൽ നിന്നും നമ്മുടെ ബുദ്ധിയെ മോചിപ്പിക്കാൻ പറ്റും ക്രിറ്റിക്കൽ തിങ്കിങ്ങിന്റെ ഒന്നതാണ് എവിഡൻസ് മുൻനിർത്തി ചിന്തിക്കുക ഇനി എവിഡൻസ് ഏതാണ് എവിഡൻസ് ഏത് എവിഡൻസ് അല്ല അതിനുവേണ്ടിയിട്ട് സയന്റിഫിക് തിങ്കിങ് സയന്റിഫിക്കായി ചിന്തിക്കുക അത് മറ്റൊരു വിഷയമാണ് അതിന് നമുക്ക് സയന്റിഫിക് ഫിലോസഫിയെ കുറിച്ച് അറിയണം അപ്പോഴേ സയന്റിഫിക് തിങ്കിങ് വെറുതെ അങ്ങനെ നമ്മൾ എന്തെങ്കിലും വിചാരിക്കുന്നു ചിന്തിക്കുന്നു രാവിലെ അങ്ങനെ വൈകുന്നേരെ പറഞ്ഞിട്ട് കാര്യമാണ് ചിന്തിക്കുന്ന ചില ഉണ്ട് അതനുസരിച്ച് ചിന്തിക്കുക രണ്ടാമത് മുൻമിഥികളില്ലാതെ ചിന്തിക്കുക കൃത്യത്തിൽ ബയാസുകളില്ലാതെ മുൻവിധി ഇല്ലാതെ ചിന്തിക്ക നേരത്തെ തീരുമാനിച്ചു വരിക ഇതാണ് കൺഫർമേഷൻ ബയാസ് പിന്നെ അത് ശരിയാക്കാൻ വേണ്ടി ചിന്തിക്കില്ല സാറുഷൻ അങ്ങനെയൊക്കെ അവിടെ എന്തു വരുന്നു ബുദ്ധിയുള്ളവർ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയാക്കും ആണ് മുൻവിധികളുടെ ഒരു പ്രശ്നം പിന്നെ ചിന്തിക്കുന്നിടത്ത് യുക്തി ദോഷങ്ങൾ ഒഴിവാക്കിയിരിക്കുക നമ്മുടെ യുക്തിയിൽ തന്നെ ദോഷങ്ങൾ അതായത് കുട്ടിച്ചാർത്തനെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ തീരുമാനിക്കുക അങ്ങനെ ഒരു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മൂമ്മ പറഞ്ഞു അതിന്റെ കൈ കറുത്തതാണ് കരിമ്പടം കൊണ്ട് പൊതിഞ്ഞതുപോലെ നീണ്ട നഖങ്ങളാണ് ഉള്ളതാണ് ഒരു വിചാരിച്ചതിന്റെ പരിഹാരത്തിന് പോകാതിരിക്കുകയാണ് പയാസ പടയിങ്ങൾ കാനാടി ചാത്തന്റെ മടത്തിൽ പോയി പൂജ നടത്തണം നിന്നുകൊണ്ട് പറഞ്ഞു വേറൊരു സ്ഥലത്ത് കുട്ടിച്ചാത്തന്റെ ഭധ്രം ഉണ്ടായപ്പോ അവിടെ പോയി പൂജ അടച്ചിട്ടു കുട്ടിച്ചാത്തൻ പോയി അത് തന്നെ കാരണം അവിടെയാണ് യുക്തി ോഷങ്ങളൊന്നും പരിശ്രമിക്കുകയാണ് അവിടെ എന്താണ് കോറിലേഷൻ തീർച്ചയായും വയനാടി ചേർത്തന്റെ അവിടെ പോയി പൂജ നടത്തി കുട്ടിച്ചാത്തൻ മാറി ഈ രണ്ടും തമ്മിൽ ബന്ധമുണ്ട് പക്ഷെ കാസുവേഷൻ കിട്ടും കാര്യക്കാരുടെ ഭാവം കോറിലേഷൻ ഡസൺ മേസ്യേഷൻ പരസ്പര ബന്ധങ്ങളുള്ള പല കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നുണ്ട് പക്ഷെ അത് പരസ്പരം കാര്യകാരുടെ ഭാവികളൊന്നുമില്ല അങ്ങനെ പരസ്പര ബന്ധമുള്ള കാര്യങ്ങളിലെല്ലാം കാര്യകാരുടെ ഭാവം എന്ന് ചിന്തിച്ചാൽ അത് യുവജിക്കൽ പാരസ്യം കെട്ടിക്കൽ നിന്നും ഒരിക്കലും ദോഷമുള്ള കാര്യങ്ങളല്ല ബുദ്ധിയാകാതെ ജീവിക്കാം ബുദ്ധികളാക്കപ്പെടാതെ ജീവിക്കാൻ പറ്റും ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമാണ് പെട്ടിക്കൽ തന്നെ എന്തൊക്കെയാണ് ഒന്ന് എവിഡൻസ് ബേസ്ഡായി ചോദിക്കുക മുൻവിധികളില്ലാതെ പ്രയാസങ്ങളില്ല ചിന്തിക്കുക യുക്തിയിൽ വരുന്ന ദോഷങ്ങൾ ഒഴിവാക്കി ചെറിയ അതിനോട് ഞാൻ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയുന്ന ആ നമ്മുടെ യുക്തിയിൽക്ക് കൂടുതൽ തെളിമ വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വിട്ടിയാകാൻ വിധത്തിലല്ല ഒന്ന് മറ്റൊരാൾക്ക് നമ്മുടെ മേരിൽ ബൗദ്ധികമായ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റും അതിനവർ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല നമ്മുടെ ബുദ്ധി നമ്മുടെ വിവേകം നമ്മുടെ സ്വന്തമായി അത് ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ വശം പറഞ്ഞുള്ളത് അതൊരു ഡിവൈൻ ഗിഫ്റ്റാണ് ഒരു ഡിവൈൻ സ്പാർക്കാണ് നമ്മുടെ ഉള്ളിലേക്ക് റീസൺ അത് നഷ്ടപ്പെടുത്തി കളയുക ദൈവം മനുഷ്യർ കൊടുത്ത ഒരു ദിവ്യമായ സമ്മാനമാണ് ആ ശേഷി ചിന്തിക്കാനുള്ള ശേഷി അത് നഷ്ടപ്പെടുത്തി ജീവിക്കാൻ വേണ്ടി അതൊരു ചിന്താരീതിയാണ് അപ്പൊ അവിടെ എന്താണ് നമ്മൾ വിവേകത്തെ സമ്പാദിക്കേണ്ട ജീവിതത്തിനാവശ്യമുള്ള വിവേകത്തോടെ സമ്പാദിക്കും ഇനി മറ്റൊരു ചിന്തയാണ് ഒരുപാടുണ്ട് ഇതോടെ അറിയിക്കുന്ന ക്രിയേറ്റീവ് ട്രീനിങ് വെച്ചാൽ ക്രിയേറ്റീവായി ആ ക്രിയേറ്റീവ് ട്രീനിങ് എന്ന് പറയുന്നത് നമുക്ക് കാര്യമായിട്ടും നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടുകാർ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ് ഇമാജിനേഷൻ പ്ലസ് ഇന്നോവേഷൻ അതിനാണ് ക്രിയേറ്റീവ് തിങ്കിങ് നമുക്ക് ഇമാജിനേഷനുണ്ട് പക്ഷെ ഇന്നോവേഷൻസിദാഹരണമാണ് ഒരു പത്ത് രണ്ടായിരം വർഷം മുമ്പ് തന്നെ നമ്മുടെ പൂർവികന്മാർ പ്ലെയിനിൽ കയറി സഞ്ചരിച്ചു പക്ഷെ നമുക്ക് പ്ലെയിനിൽ കയറാൻ വേണ്ടിട്ട് സായിപ്പോണ്ടാക്കേണ്ടി എന്തുകൊണ്ടാണ് നമുക്ക് ഇമാജിനേഷൻസും നമ്മളിപ്പോഴും മെഡികളുടെ സ്രസ്തത്തിൽ ജീവിക്കുകയാണ് ആ ഇമാജിനേഷൻസ് എല്ലാം ഒരു ഇന്നവേഷനും കൂടാതെ അത്ത സത്യമാണെന്നും ഇന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ കഴിഞ്ഞ ഇന്ന് കേന്ദ്രത്തിലെ ഒരു വിദ്യ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആസ്ട്രോട്ട് എന്ന് വെച്ചാൽ ബഹിരാകാശ സഞ്ചാരി ഹനുമാനാണ് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുകയാണ് ഹനുമാൻ ബഹിരാകാശത്തൂടി സഞ്ചരിച്ചു വാസ്തവത്തിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് അമേരിക്കക്കാരന്റെ ദയവ് കൊണ്ട് ഒരാളെ ബഹിരാശ ബഹിരാകാശത്ത് വിട്ടു കാശും മുടങ്ങി പത്തറുന്നൂറ് കോടി രൂപ മുടങ്ങി നമ്മൾ പക്ഷെ അവരുടെ ഹെൽപ്പ് കൊണ്ടാണ് സാധിച്ചത് നമ്മളിപ്പോഴും സ്വപ്നം കാണുന്ന എന്താണ് ആയിരത്തി രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലൊക്കെ നമ്മൾ അവിടെ പോകുന്ന ഇനി ഒരു പത്ത് കൊല്ലം കാത്തിരിക്കണം എന്നിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ് ആദ്യത്തെ ദുരവാസത്തിന്റെ ഇന്ത്യയിലാണ് ഹനുമാനാണ് ഇത്തരം വൃത്തി ഇതൊക്കെ ഇമാജിനേഷൻ അനുസരിക്കുകയാണ് പക്ഷെ അവിടെ നിന്നും ഒരിക്കലും ഇന്നോവേഷൻ ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എല്ലേ പോയി അമേരിക്കക്കാരന് മുമ്പേ നമ്മൾ പോയാലോ റഷ്യക്കാരന് മുമ്പേ പോയാലോ നമുക്ക് ഇന്നുമേഷൻ ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് എവിടെയാണോ ഇമാജിനേഷൻ ആവശ്യമുള്ളത് അവിടെയൊക്കെ നമ്മൾ ശോഭിച്ചിട്ടുണ്ട് പഴയ സാഹിത്യത്തിൽ നമ്മൾ ഒരുപാട് സാഹിത്യകൃതികളുണ്ട് ഇതുപോലെയുള്ള ഒരുപാട് ഇമാജിനേഷനുള്ള സാഹിത്യകൃതി രാമായണം ഭാരതം പുരാണങ്ങൾ എത്രയോ പുരാണങ്ങൾ അതിനകത്തൊക്കെ എന്തെല്ലാം എന്തെല്ലാം ഇമാജിനേഷൻസ് ഭാവന ഭാവനാ സമ്പന്നമായി സാഹിത്യം നോക്കണം അത്രയുള്ളൂ പിന്നെ ഭാവന വേണ്ടിവരുന്ന ചില രംഗങ്ങൾ മാത്സ് നമ്മൾ കുറെ മുന്നോട്ട് പോയിട്ടുണ്ട് ആസ്ട്രോണമി അവിടെ പോയിട്ടുണ്ട് കാരണം ചിന്തയിലൂടെ പലതും നമുക്ക് അവിടെ നേടിയേക്കാൻ പറ്റും ഏവരെ ചിന്തയെ മാത്രം ആശയം ചിന്തിച്ച സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാം തർക്കശാസ്ത്ര എടുക്കുന്ന ഈ പറയുന്ന ഇതൊന്നും കൊണ്ട് നമുക്കൊരു സ്പൂൺ ബോർഡ് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഇന്നോവേഷൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്താണ് കൃഷിക്കാര് കലപ്പി ഉണ്ടാക്കിയെടുത്ത് ആശാരി പണിയായുധങ്ങൾ ഉണ്ടാക്കി കൊല്ലം പൊണിയായുധങ്ങൾ ഉണ്ടാക്കി ആശാരി വീട് നിർമ്മിച്ചു അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളിൽ അധ്വാനിക്കുന്ന ജനങ്ങൾ ഇവിടെ പല ഇന്നോവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഫാദർ ഓഫ് ഇന്നോവേഷൻ എന്ന് പറയുന്ന ആരെയും കേട്ടിട്ടുണ്ട് തോമസ് ആൽവ അതുപോലെയുള്ള ആൾക്കാരും നമുക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അതിജീവനത്തിന് വേണ്ടി അവർ പലതും രൂപപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് ഈ പറയുന്ന ഔപചാരികമായ വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് പഴയ ആൾക്കാർ അവർ കൃഷി ചെയ്തവരും വീട് പണി ചെയ്തവരും ഇങ്ങനെയുള്ള രംഗങ്ങളിൽ പ്രവർത്തിച്ചവർ പലതും പക്ഷെ അതിനേതായ പരിമിതികളുണ്ട് എഡിസൺ ആയിരത്തിൽ കൂടുതൽ ആ കാലഘട്ടം അതിന്റെ പേരിലാണ് ശാസ്ത്രം ശാസ്ത്ര സാങ്കേതികവിദ്യ മുന്നോട്ട് കുതിച്ചത് അത്തരത്തിൽ ഒരു മുന്നോട്ട് കുതിപ്പിനുള്ള ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിട്ടില്ല ഭാവനയും മനക്കിണക്കും എല്ലാം സഹായിക്കടത്ത് നമ്മൾ ചില സംഭാവനകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് പറയുന്നത് ശരിയാണ് ബാക്കിയെല്ലാം ഈ പറയുന്നത് ഹനുമാൻ ആസ്ട്രോട്ട് എന്ന് പറയും പോലെയുള്ള തള്ളലുകൾ എന്തുകൊണ്ട് നമുക്ക് ഇമാജിനേഷനെയും ഇന്നോവേഷൻ എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് തിങ്കിങ് നമുക്കുണ്ടായിട്ടുണ്ട് ഇതിപ്പോ വെറുതെ അവകാശവാദങ്ങളൊക്കെ പറയും അത് ഒരു തരത്തിലുള്ള ചിന്തയാണ് അതിലൂടെയാണ് മനുഷ്യൻ ഒരുപാട് പുരോഗതിയിലേക്കുന്നത് നമുക്ക് എന്താണ് ടൂണിൽ കെട്ടിയിട്ട് പശുവിനെപ്പോലെ അവിടെ കിടന്ന് കറങ്ങാൻ കെട്ടിയിട്ടുള്ളത് ഒരു കുതിച്ചു ചാടാൻ നമുക്ക് സാധിച്ചിട്ടില്ല അതിന് നമ്മളിപ്പോ സായിപ്പിന്റെ പിറകെ എന്നാലും കരത്തെ പൊങ്ങച്ചം പറയും എല്ലാവരും ഇവിടുന്ന് കൊണ്ടുപോയി ഇത്തരം പൊങ്ങച്ചുകൾ പറയുക എന്നുള്ളതല്ല അതിനുവേണ്ടി പ്രസ്തകങ്ങൾ ഒരുപാട് പേര് രചിച്ചു കാര്യമായിട്ടൊന്നും ഇതുപോലെ പറയും ഹനുമാനാണ് ആശ്രമം ഒരു മന്ത്രിയവ പ്രസംഗിച്ച കേട്ടോ ആ പിന്നെ നമുക്ക് ഒരു ചിന്തയുണ്ട് ഫിലോസഫിക്കൽ ട്രെയിനിങ് അതുണ്ട് അതിന് നമ്മൾ സമ്പന്നരാ എന്താണ് എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് പരമാർത്ഥം ഈ ദുഃഖത്തിൽ നിന്നെല്ലാം എങ്ങനെ മോചിക്കാം ഈ ഒരു വിഷയത്തിൽ നമ്മൾ കേമന്മാരും ഇതിൽ നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടിക്കുന്നു അത് ശരി അത് അംഗീകരിക്കും പക്ഷെ അത് മറ്റുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല പക്ഷെ ഫിലോസഫിക്കൽ ചിന്തി ഉണ്ടായപ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ചിന്തയാണ് സയന്റിഫിക് അത് ഇല്ലാതെ സയന്റിഫിക് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പിടിച്ച ആളില്ലാന്ന് വളരെ ചുരുക്കം ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇവിടുത്തെ ആശാരി മൂശാരി ഒക്കെ കുറെ ചിന്തിച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയുള്ളൂ അതീ തൊഴിൽ നോക്കാം അതെന്താണ് അവരുടെ നിരന്തരമായ പ്രായോഗികമായ പരീക്ഷണങ്ങളിലൂടെ അവരോരോന്ന് രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് ശാസ്ത്രീയമായൊരു മുന്നോട്ട് പോക്കിന് സഹായിച്ചിട്ടില്ല അതുകൊണ്ടാണ് അത് അതിനെക്കുറിച്ച് പറയും നമ്മൾ ഗജീരിയോയിൽ നിന്ന് തുടങ്ങി ന്യൂട്ടനിലൂടെ ഐൻസ്റ്റൈനിലൂടെയൊക്കെ പോകുന്ന അതുകൊണ്ടാണ് വാസ്തവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഫാദർ ഓഫ് ഇന്നോവേഷൻ ഇൻ ഇന്ത്യ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കപ്പെട്ടവരാണ് വിക്രം സാരാഭായ് ആയിരത്തി തൊള്ളായിരത്തി അതിനൊന്നും പോകുന്ന ഒരാളെ കിട്ടാൻ പ്രയാസമാണോ പിന്നെ ഇവിടെ പലരും ഉണ്ടായിട്ടു ഡോക്ടർ സി വി രാമൻ ജഗദീഷ് ചന്ദ്രബോസ് അങ്ങനെ ഒരു എട്ടുപത്ത് പ്രഗൽഭന്മാർ ഇവിടെ ഏ അങ്ങനെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോഴും ഇന്ത്യയില് ഇപ്പോ ഉണ്ട് ആധുനിക കാലത്തുണ്ട് ഇന്ത്യയില് പ്രഗൽഭന്മാർ അതെല്ലാം ഉണ്ടായിരുന്നു ഞാൻ പഴയ കാലത്തെ കുറിച്ച് പറയുന്നു ആ എഡിസന്റെ ഒക്കെ കാലം പ്രാചീനകാലത്ത് പറയാൻ ആരോ ഉള്ളത് ഒരു രാര്യഭട്ടനും ഒരു വരാഹേനും അങ്ങനെയൊക്കെ ചുരുക്കം ചില രംഗങ്ങളുണ്ട് അവര് പിടിച്ചാണെങ്കിലേ പറ്റും ചില രംഗങ്ങളുണ്ട് ഒരു സംഗ്രാമമാധവനും അതിനെയൊക്കെ നമ്മളൊരു വലിയ സംഭവമായിട്ട് കാണിക്കുമ്പോ എന്താണോ മറുവശത്താണെങ്കിലോ സയന്റിഫിക് തിങ്കിങ് നമുക്കില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ അംഗീകരിക്കാൻ നോക്കുമടിയാണ് കാരണം നമ്മൾ ഇല്ലാത്ത അഭിമാനിക്കുന്ന പൊങ്ങച്ചക്കാര കൃത്യമായി രണ്ടു ഭാഗത്തും നിർത്തി ചിന്തിച്ചു നോക്കുക ഇതൊക്കെ തള്ളുകാളിക്കാൻ കുറവാണ് ഇപ്പോൾ എന്തൊക്കെയാ ഞാൻ പറഞ്ഞു കുറേ തരത്തിലുള്ള വിചാരങ്ങൾ പലതും നമുക്ക് കൈമോശം വന്നു പോയിട്ടുണ്ടാണ് നമുക്ക് ശരിക്കും നമുക്കുള്ളത് ഈ ഫിലോസഫിക്ക് തേങ്ങ അതിന് നമ്മുടെ ജീവിതം സ്ട്രാറ്റജിക് തന്നെ നമുക്ക് വേണ്ടതാണ് പക്ഷെ നമുക്ക് കൈമോശം വന്നു പോകുന്നതാണ് മിക്കവാറും സാധാരണ ആത്മീയക്കാർക്ക് തീരെ ഇല്ലാത്തതാണ് സ്ട്രാറ്റജിക്ക് ഇത് അവനവന്റെ ജീവിതത്തെ കാഴ്ചപ്പാട് എന്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഏതുവരെ എത്തിച്ച് ഭാവി എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലാത്തവരാണ് ഈ ആത്മീയതയിലേക്ക് തിരിയുന്നത് ഭൂരിപക്ഷം എല്ലാവരും അങ്ങനെ ഞാൻ പറയും എന്നുവെച്ച പ്ലാനിങ്ങിനോട് കൂടി ചെയ്തു ഭാവിയെ സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന അതും നമുക്ക് കുറവാ അതിന് നമ്മള് അഗ്മിയെക്കാട് അവരുമ്പ അവര് ഒഴുക്കിൽപ്പെട്ടവര് പൊങ്ങും തടി പോലെ ഇങ്ങനെ വയ്ക്കോണ്ടിരിക്കുകയാണ് എവിടെയോ പോകുന്നു ഒരു പിടിയിൽ കിട്ടുന്നോണ്ട് അവര് പറയും എല്ലാം ഭഗവാൻ ഇതൊരു എസ്കേപ്പിസോഡ് ഒഴിഞ്ഞു മാറില്ല സ്വയം ഉത്തരവാദിത്വങ്ങളിൽ ഏറ്റെടുക്കാൻ വയ്യാത്തുകൊണ്ട് സ്വയം ജീവിതം മൊത്തം ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് എവിടെയെങ്കിലും ഇവരെ കൊണ്ടുവന്ന് തിളയ്ക്കണമെന്ന് അതുകൊണ്ട് പറയുന്നു എല്ലാം ഭഗവാന്റെ നിശ്ചയം ഇത് പറഞ്ഞാൽ അവന്റെ ജോലി കുറഞ്ഞു എന്നുള്ളത് ഒരു ദീർഘനിശ്വാസത്തിന് പകരമാണ് യാതൊരു തരത്തിലുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള ചിന്ത ചിന്തയില്ലാത്ത ഒരു കൂട്ടരാണ് ഈ ആശ്രമങ്ങളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന നല്ലൊരു ശ്രമമാണ് അവരുടെ ജീവിതത്തെ കുറിച്ച് അവർക്കൊരു കാഴ്ച പോകാറില്ല അത് എങ്ങോട്ട് പോകുന്നു എന്നറിയത്തില്ല എങ്ങനെ പോകണമെന്നറിയത്തില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഞാനിന്റെ പരിചയം കൊണ്ട് പറയുന്ന ആളുകൾ നിങ്ങൾ അങ്ങനെയൊന്നും അല്ലെങ്കിലും ക്ഷമിച്ചു പൊതുവെ പരിചയം വെച്ച് പറയും ഇനിയുണ്ട് റിഫ്ലക്റ്റീവ് തിങ്ക ഒരുപാട് തരത്തിലുള്ള ചിന്ത നമുക്ക് അന്യമായിട്ട് ചിന്തി എന്നുവെച്ചാൽ നമ്മുടെ ചിന്തകളെ മെറ്റാ കൊബ്നിറ്റീവ് നമ്മുടെ ചിന്തകളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കുക കാരണം നമ്മൾ കൂടുതൽ സമയം കളിയുന്ന പരനെ കുറിച്ച് ചിന്തിക്കുക പരദൂഷണത്തിനുവേണ്ടി പരന്റെ ഗുണദോഷങ്ങളെ വിചാരം ചെയ്യാറ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വിചാരങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറ് നമ്മുടെ വിശ്വാസങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറ് അതൊക്കെ അത് എത്രമാത്രം നമുക്ക് എത്തിയതാണ് എല്ലാ വിഷയങ്ങളിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലല്ല ഞാൻ വിശ്വസിക്കുകയാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നു വേദമായിട്ടോ ഒരു രാഷ്ട്രീയ നേതാവ് വിശ്വസിക്കുന്നു രാഷ്ട്രീയ പാർട്ടി ഞാൻ വിശ്വസിക്കുകയാണ് എന്റെ രാജ്യം ഈ ഒരു പാർട്ടിയിലൂടെ മാത്രമേ രക്ഷപ്പെട്ടു ഈ ഒരു നേതാവും കൂടെ മാത്രമേ രക്ഷപ്പെടുവെന്ന് ഞാൻ വിശ്വസിക്കൂ അതിന്റെ വിശ്വാസം ഉറച്ച വിശ്വാസം എപ്പോഴെങ്കിലും എന്തുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അതാണ് റിഫ്ലക്റ്റീവ് തിങ്കിങ് അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല എന്തുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നു ഈ രാഷ്ട്രീയ പാർട്ടിയിൽ കൂടെ മാത്രമേ രക്ഷപ്പെട്ടൂ ഈ നേതാവിനെ മാത്രമേ എന്റെ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ എന്ന് ഞാൻ എന്റെ ചിന്തയെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ നനക്കാറില്ല അത് നമ്മുടെ ഒരു സൗകര്യമാണ് അത് നമ്മൾ കരുതുന്ന എന്താണ് നമുക്ക് അത് പര്യാപ്തമെന്നാണ് എന്തായാലും ഞാനങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തിലെത്തിച്ചേർന്നു എനിക്കത് മതി നമ്മുടെ ആ ബുദ്ധി ഒരിക്കലും മെറ്റ കൊഗ്നേറ്റീവാകും അത് മനഃശാസ്ത്രന്മാർ പറയുന്നതാണ് ഞാൻ പറയുന്ന അങ്ങനെ നമ്മൾ സ്വയം നമ്മുടെ ചിന്തകളെ പരിശോധിച്ചറിയും അതിനൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ ചിതറിയ ചിന്തകളാണ് നമ്മൾ അന്യരൽ ഊന്നിയ ചിന്തകളാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ പരസ്പരം കാണുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന അന്യരെ കുറിച്ചാണ് നമ്മുടെ ചിന്താ അന്യരാണ് ഒരിക്കലും നമ്മൾ നമ്മളെ കുറിച്ച് ചർച്ച ചെയ്യ ചിന്തിക്കാറുണ്ട് ഇത്തരം ചിന്തകളിലൂടെ ഇത് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പറയാൻ ഇത് സമസ്ത മേഖലകളെയും ജീവിതത്തിന്റെ സ്പർശിക്കുന്ന ചിന്താരീതികളാണ് ഞാൻ പറഞ്ഞതിന് ഒന്ന് ആവർത്തിക്കാൻ പറ്റും റിഫ്ലക്റ്റീവ് തിങ്ക് പിന്നെ അതിനൊന്നും പറഞ്ഞത് എന്നല്ലുമ്പ് പറഞ്ഞു സ്ട്രാറ്റജിക്കൽ ആക്കി അതിനൊന്നും പറഞ്ഞത് സയന്റിഫിക്ക് ഫിലോസഫിക്കൽ ആനു ഓമ്മിൽ പറഞ്ഞത് ക്രിയേറ്റീവ് ക്രിട്ടിക്കൽ ആനു അമ്മി പറഞ്ഞത് പ്രോബ്ലം സോൾവിംഗ് ഡിസിഷൻ മേക്കിംഗ് അപ്പോ നിരവധി ചിന്താരീതികളുണ്ട് നേരം ചോദിച്ചില്ലേ അറിവും ചിന്തയുമായിട്ടുള്ള ബന്ധം വിവേകവും ചിന്തയുമായിട്ടുള്ള ബന്ധം അപ്പൊ ഇവിടെ ഇപ്പോ ഇതൊക്കെ ആധുനികമായ പഠനങ്ങളാണ് പഴയകാലത്ത് ചിന്തയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയും പക്ഷെ ചിന്തയുടെ ഭേദങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല അതിനെക്കുറിച്ച് അവർക്കറിയില്ലേ പക്ഷെ ചിന്തയുടെ ഗുണങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞതുപോലെ ഇനിയും പറയാം എന്താണ് ഫലം ബുദ്ധിശ്ചേജസ്വ പ്രതിപത്തിക്രിയാഫലം വിചാരം ഇതെല്ലാം വിചാരത്തിന്റെ ഫലമാണ് അതായത് ഏത് വിചാരത്തിന്റെ ആത്മവിചാരം പോലുണ്ടോ കാരണം ബലോ എന്ന് പറയും നമ്മുടെ ദൈനം ജീവിതത്തിനാവശ്യമാണ് ഈ പറയുന്ന എല്ലാ ചിന്തകളും അല്ലെ നമുക്ക് ബലം ശാരീരികമായ ബലമാണ് മാനസികമായ ബലം അതിനാവശ്യമാണ് ഡിസിഷൻ മേക്കിംഗ് ും ബലം കൊടുത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു വളർത്ത ഒരുപാട് വിവാദമായ കേരളത്തിൽ ഒരു പെൺകുട്ടി ബ്രസ്റ്റ് ക്യാൻസർ മരിച്ചു അവിടെ എന്താ സംഭവിച്ചത് ചികിത്സയ്ക്ക് പോയത് അക്യൂ പഞ്ചുപഞ്ചിക ചികിത്സ ചെയ്ത അവസാനം ഫോർത്ത് സ്റ്റേജിലെത്തി പിന്നെ ഇംഗ്ലീഷ് മോഡേൺ മെഡിസിൻ കൊണ്ടുപോയി അവിടെ രക്ഷപ്പെടേ അപ്പോ എന്താണ് അപ്പോ മോഡേൺ മെഡിസിനുകൾ ചികിത്സിച്ചാൽ മരിക്കത്തില്ലെന്ന് ചോദിക്കാം അല്ല നമ്മുടെ ബുദ്ധിയോട് അങ്ങനെയാണ് നമ്മൾ ബുദ്ധിമാന്മാരാണ് മുടൻ ചോദിക്കാം അത് പഞ്ചറിന് മരിച്ചു മോഡേൺ മെഡിസിൻ ചികിത്സിച്ചു മരിച്ചു എന്റെ ജോലി മരിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരവസരം അവർക്ക് കിട്ടാവുന്നത് എന്നിട്ട് പല ഓപ്ഷനുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മെച്ചപ്പെട്ട ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അക്യൂപിഞ്ചറുണ്ട് ആയുർവേദമുണ്ട് ഹോമിയോ ഉണ്ട് മോഡേൺ മെഡിസിൻ ഇതിൽ ടെസ്റ്റ് ചെയ്തോ അത് തിരഞ്ഞെടുക്കുക റിസൾട്ട് അത് രോഗത്തിന്റെ കാഠിന്യവും പട്ടിപ്പതിനെ ആശ്രയിച്ചിരിക്കുന്നു പിന്നെ എന്താണ് രക്ഷപ്പെടാൻ കൂടുതൽ സാധ്യത മോഡേൺ മെഡിസിനാണ് അവിടെയും മരിച്ചു പോകുന്ന രക്ഷപ്പെടുന്നവരുണ്ട് അപ്യൂപഞ്ചര പോയാൽ ലോകത്തൊരു മനുഷ്യൻ രക്ഷപ്പെടത്തില്ല അങ്ങനെ വളരെ ക്രോണിക്കായ ഡിസീസിന് ഒരിക്കൽ അതുകൊണ്ട് എന്തുകൊണ്ട് അതിന്റെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായ ആ ശാസ്ത്രം തന്നെ അസംബന്ധമാണ് ശരീരത്തിൽ രണ്ടു ഊർജമുണ്ട് അതിന്റെ പ്രവർത്തനങ്ങളാണ് അതിന് തടയുക എന്ന് പറയുന്നത് എന്താണോ അശാസ്ത്രീയമാണ് ബേസ് അടിത്തറ അശാസ്ത്രീയമാണ് ശരീരത്തിൽ എവിടെ നിന്ന് കൊത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും റിസൾട്ടുണ്ടാകാതിരിക്കില്ല എന്ത് ചെയ്താലും റിസൾട്ട് ഉണ്ടാകും പക്ഷേ എന്താണ് അവിടെ ചികിത്സയ്ക്ക് ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ അതില് രോഗത്തിന്റെ ഇതനുസരിച്ച് ഇല്ലതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ആ ഡിസിഷൻ മേക്കിങ്ങിന് ആ പെൺകുട്ടിക്ക് ഒരു അവസരം കൊടുത്തില്ല നിർബന്ധിച്ചെന്ത് ചെയ്തു ഇടയും കൊണ്ടിട്ട് അപ്യൂപ്പഞ്ചരി കൊണ്ടിട്ട് കുത്തി കുത്തി മരിച്ചു മറിച്ചായി ഒരുപക്ഷെ ഒരു ഒരു സാധ്യതയെ നഷ്ടപ്പെടുത്തിക്കളെ ഇന്തിന വാർത്തയാണ് ഇന്നലെ ഞാൻ വായിക്കീവിതത്തിലെല്ലാ കാര്യങ്ങളിലും ഇത് ഇതുപോലെ മനസ്സിലാണ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ കൂടുതൽ സാധ്യതകളുള്ള തീരുമാനമുണ്ട് ഏറ്റവും ശരിയായ തീരുമാനം അങ്ങനെ പറ്റില്ല കാരണം ശരി നമുക്ക് മുൻകൂട്ട് തീരുമാനിക്കാൻ പറ്റും ശരി ചിലപ്പം ഭാവിയിലായിരിക്കും നമ്മൾ തിരിച്ചറിയുക പക്ഷെ നമുക്ക് സാധ്യതകളെ കുറിച്ചില്ല ഏതിനായിരിക്കും കൂടുതൽ സാധ്യതയുള്ളത് നമുക്ക് നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ നിന്നൊക്കെ അറിവെച്ച് തീരുമാനിക്കുക അങ്ങനെ ഒരു പ്രസംഗം വരുമ്പോൾ കൂടുതൽ സാധ്യത മോഡേൺ മെഡിസിനാണ് അപ്പൊ പോവുക എന്നെ രക്ഷപ്പെടാനുള്ളതാണെങ്കിൽ രക്ഷപ്പെടാൻ അവിടെ കൂടുതലാണ് മറ്റിടത്ത് തീരെ സാധ്യതയില്ല രോഗം മൂർച്ഛിച്ച് മൂർച്ഛിച്ച് ആള് മരിക്കുക അതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല എന്നാൽ ആ രോഗത്തിന്റെ സ്വഭാവം ഒന്നുമില്ല ഇത് ഇന്നലെ വന്ന ഒരു വാർത്തയാണ് ഇന്ന് വിവാദമായിരിക്കുന്ന വാർത്ത അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ശരിയായ തീരുമാനമെടുക്കുക കൂടുതൽ സാധ്യതയുള്ള തനിക്ക് പറ്റിയത് എന്തെന്നുള്ള ഒരുപാട് ആൾക്കാർ വീട് വിടാനേണ്ട ഒരു തീരുമാനം എടുക്കും നിങ്ങളുടെ വീട്ടിൽ പോകാം എന്നുള്ളത് പക്ഷെ പിന്നെ ആശ്രമത്തിൽ ഏതെങ്കിലും ആശ്രമിച്ചെന്ന് കൂടിയിട്ട് പിന്നെ അവിടെ ഇത് പശ്ചാത്തലപിച്ചിട്ട് കാര്യമില്ലല്ലോ ആ തീരുമാനം ഒരു മണ്ടത്തരമായിട്ട് വേണ്ടായിരുന്നു പിന്നെ ഒരു അങ്ങനെ ഒരു ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല പിന്നീട് ഒരു നഷ്ടബോധം യാതൊരു കാര്യവും പിന്നീട് എന്തെങ്കിലും നഷ്ടങ്ങളെക്കുറിച്ച് ബോധ്യം വന്നാലും പിന്നീട് എന്താണ് ആ ജീവിതത്തോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുക കാരണം അപ്പോഴാണ് ചിന്തിക്കുന്നത് പല അവസരങ്ങളും നഷ്ടപ്പെട്ടുപോയി പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ വന്നത് പിന്നീട് ചിന്തിച്ചിട്ട് അതുകൊണ്ട് പ്രയോജനമെന്നു കാരണം നഷ്ടപ്പെട്ടതെന്ന് വീട്ടെടുക്കാൻ പറ്റത്തില്ല ഈ ഒരു ജീവിതത്തിൽ പിന്നെ എന്താണോ അസാധ്യമാകുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കും അവിടെ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിക്കും ആ ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിച്ചാൽ ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യാൻ വ്യർത്ഥമായ ചിന്തകൾ അവിടെ ഒഴിവാക്കും ഇവിടെ ഇനി എങ്ങനെ വന്നു പോട്ടോ ഒരുപാട് പേരങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എനിക്കല്ലേ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്നടുത്ത് ആ തീരുമാനങ്ങൾ തെറ്റായ തീരുമാനമായി എനിക്ക് ജീവിതത്തിൽ ഇതിലും മെച്ചപ്പെട്ട പല അത് കളഞ്ഞു പിന്നെ ചിലരെന്ത് ചെയ്യുന്നു കുറച്ചു കഴിയുമ്പം തിരിച്ചു പോകുന്നു ആ ശരി എന്നാൽ നമുക്ക് തിരിച്ചു പോകാം ചിലർക്ക് തിരിച്ചു മടങ്ങി താമസിച്ചു അതങ്ങനെ പ്രശ്നം തിരിച്ചു മുടങ്ങാൻ പറ്റത്തില്ല പിന്നെ അവിടെ കിടന്ന് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിന്നടത്ത് നിന്ന് മുമ്പോട്ട് പോകാം അതിനുള്ള വഴിക്ക് ചിന്തിക്കുക അത് പലർക്കും നേരിടുന്ന ഒരു പ്രശ്നവും പലർക്കും ഇന്നോട് തുറന്നു നിങ്ങൾക്ക് എന്നെ തിരിഞ്ഞു പോകാൻ അവസരങ്ങളുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അല്ലെങ്കിൽ തിരിഞ്ഞു പോകുക എന്തിനാ കിടന്ന ആശയപ്പഴപ്പം ഉണ്ടാക്കും ഇല്ല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട ഇനി അവസരങ്ങളുണ്ട് എന്നാൽ തന്നെ ഇവിടെ തന്നെ മുമ്പോട്ട് പോകുക മര്യാദയ്ക്ക് ജീവിക്കണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നഷ്ടബോധത്തിൽ ജീവിച്ചിട്ട് കാര്യമില്ല ഇവിടെയൊക്കെ നമ്മുടെ വിചാരം ആണ് നമ്മുടെ വെളിച്ചമായിരിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് വിചാരമെന്ന് പറയുന്ന വിളക്ക് കൈ വെച്ച് വേണം ജീവിക്കാൻ അതിവിടെ എനിക്ക് പറയാൻ പോകുന്ന കാര്യമാണ് വിചാരമെന്ന് പറയുന്ന പ്രദീപം എന്ന് പറയും അവരുടെ പ്രധാനപ്പെട്ട